ം നാല് യഹോവ പിന്നെയും മോശിയോടും അഹരോനോടും അരുളിച്ചെയ്തത് ലേവ്യൽ വെച്ച് കെഹാത്തിരിൽ മുപ്പത് വയസ്സുമുതൽ അമ്പത് വയസ്സുവരെയുള്ളവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലംകുലമായും എണ്ണി തുകയെടുപ്പി സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് കെഹാത്യരുടെ വേല എന്തെന്നാൽ പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വന്ന് തിരശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപ്പെട്ടകം മൂടേണം തഹശു തോൽകൊണ്ടുള്ള മൂടി അതിന്മേലിട്ട് അതിനുമീതെ നീലശീല വിരിച്ച് തണ്ട് ചെലുത്തേണം കാഴ്ചയപ്പത്തിന്റെ മേശമേലും ഒരു നീലശീല വിരിച്ച് അതിന്മേൽ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും വെക്കണം നിരന്തരമായ അപ്പ ഉപ്പു അതിന്മേൽ അവയുടെ മേൽ ഒരു ചുവപ്പ് ശീല വിരിച്ച് തഹശു തോൽകൊണ്ടുള്ള മൂടുവിരിയാ അത് മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം ഒരു നീലശീല എടുത്ത് വെളിച്ചത്തിനുള്ള നിലവിളക്കും അതിന്റെ ദീപങ്ങളും ചവണകളും കരിന്തിരി മുറിച്ചിടുന്ന പാത്രങ്ങളും അതിന്റെ ഉപയോഗത്തിനുള്ള എല്ലാ എണ്ണക്കുടങ്ങളും മൂടേണം അതും അതിന്റെ പാത്രങ്ങളൊക്കെയും തഹശു തോൽക്കൊണ്ടുള്ള ഒരു വിരിയിൽ പൊതിഞ്ഞ് ഒരു തണ്ടിന്മേൽ വെച്ചുകെട്ടേണം സ്വർണപീഠത്തിന്മേൽ അവർ ഒരു നീലശീല വിരിച്ച് തഹശു തോൽക്കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും അവർ എടുത്ത് ഒരു നീലശീലയിൽ പൊതിഞ്ഞ് തഹശു തോൽക്കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും ഒരു തണ്ടിന്മേൽ വച്ച് കെട്ടുകയും വേണം അവർ യാഗപീഠത്തിൽ നിന്ന് വെണ്ണീർ നീക്കി അതിന്മേൽ ഒരു ധൂമ്രശീല അവർ അതിന്മേൽ ശുശ്രൂഷ ചെയ്യേണ്ടതിനുള്ള ഉപകരണങ്ങളായ കലശം മുൾക്കൊളുത്ത് ചട്ടുകം കല എന്നിങ്ങനെ യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും അതിന്മേൽ വെക്കണം തഹശ് സോൽ ഒരു വിരി അതിന്മേൽ വിരിക്കുകയും തണ്ട് ചെലുത്തുകയും വേണം പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരവും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടിത്തീർന്ന ശേഷം കെഹാത്യർ ചുമപ്പാൻ വരണം എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തുടരുത് സമാഗമന കൂടാരത്തിൽ കെഹാത്യറുടെ ചുമട് ഇവ പുരോഹിതനായ അഹരോന്റെ മകൻ എലയാസ നോക്കേണ്ടത് വെളിച്ചത്തിനുള്ള എണ്ണം സുഗന്ധ ധൂപവർഗം നിരന്തര ഭോജനയാഗം അഭിഷേക തൈല എന്നിവയും തിരുനിവാസം മുഴുവനും അതിലുള്ളതൊക്കെയിരിയും വിശുദ്ധ മന്ദിരവും അതിന്റെ ഉപകരണങ്ങളും തന്നെ യഹോവ പിന്നെയും മോശയോടുമിട്ടും അഹരോനോടുമിട്ടും അരുളി നിങ്ങൾ കെഹാത്യ കുടുംബങ്ങളുടെ ഗോത്രത്തെ േവ്യൽ നിന്ന് ഛേദിച്ചുകളയരുത് അവർ അതിവിശുദ്ധ വസ്തുക്കളോട് അടുക്കുമ്പോൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്വി അഹരോനും പുത്രന്മാരും അകത്തുകടന്ന് അവരിലോരോരുത്തനെ അവനവന്റെ വേലയ്ക്കും അവനവന്റെ ചുമട്ടിനും ആക്കേണ്ട എന്നാൽ അവർ വിശുദ്ധ മന്ദിരം കണ്ടിട്ട് മരിച്ചു പോകാതിരിക്കേണ്ടതിന് ക്ഷണ പോലും അകത്തു കടക്കരുത് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് ഘർഷോന്യരെയും കുലംകുലമായും കുടുംബം കുടുംബമായും എണ്ണി തുകയെടുക്കുക മുപ്പത് വയസ്സു മുതൽ അമ്പത് വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും എണ്ണ സേവ ചെയ്യുന്നതിലും ചുമടെടുക്കുന്നതിലും ഘർഷൂന്യ കുടുംബങ്ങൾക്കുള്ള വേല എന്നാൽ തിരുനിവാസത്തിന്റെ തിരശീല സമാഗമന കൂടാര അതിന്റെ മൂടുവിരി തഹശു സോൽ കൊണ്ടുള്ള അതിന്മേലുള്ള പുറമൂടി സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള മറശീല പ്രാകാരത്തിന്റെ മറശീല തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ വാതിലിനുള്ള മറശീല അവയുടെ കയറ് എന്നിവയും അവയുടെ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും അവർ ചുമക്കണം അവയെ സംബന്ധിച്ച് ചെയ്യുവാനുള്ള വേലയൊക്കെയും അവർ ചെയ്യണം ഘർഷവിന്യരുടെ എല്ലാ ചുമടുകളും എല്ലാ വേലയും സംബന്ധിച്ചുള്ളതൊക്കെയും അഹരോന്റെയും പുത്രന്മാരുടെയും കൽപ്പനപ്രകാരം ആയിരിക്കണം അവരുടെ എല്ലാ ചുമടും നിങ്ങൾ അവരുടെ വിചാരണയിൽ ഏൽപ്പിക്കണം സമാഗമന കൂടാരത്തിൽ ഗർഷവിന്യരുടെ കുടുംബങ്ങൾക്കുള്ള വേല ഇതുതന്നെ അവരുടെ സേവ പുരോഹിതനായ അഹ്രോന്റെ മകൻ ഈഠാമാരിന്റെ കൈക്കീഴായിരിക്കണം കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണേണം മുപ്പത് വയസ്സുമുതൽ അമ്പത് വയസ്സുവരെ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും നീ എണ്ണേണം സമാഗമന കൂടാരത്തിൽ അവർക്കുള്ള എല്ലാ വേലയുടെയും മുറയ്ക്ക് അവർ എടുക്കേണ്ടുന്ന ചുമട് എന്തെന്നാൽ തിരുനിവാസത്തിന്റെ പലക അന്താഴ തൂൺ ചുവട് ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ തൂൺ ചുവട് കുറ്റി കയറ് എന്നിവയും അവയുടെ ഉപകരണങ്ങളൊക്കെയും അവ സംബന്ധിച്ചുള്ള എല്ലാ വേലയും തന്നെ അവർ എടുക്കേണ്ടുന്ന ഉപകരണങ്ങൾ നിങ്ങൾ പേർവിവരമായി അവരെ ഏൽപ്പിക്കണം പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാമാരിന്റെ കൈക്കീഴെ സമാഗമന കൂടാരത്തിൽ മരാര്യരുടെ കുടുംബങ്ങൾക്കുള്ള സകല സേവയുടെയും മുറയ്ക്ക് അവർ ചെയ്യേണ്ടുന്ന വേല ഇതുതന്നെ മോശയും അഹരോനും സഭയിലെ പ്രഭുക്കന്മാരും കെഹാത്തിരിൽ മുപ്പത് വയസ്സുമുതൽ അമ്പത് വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലംകുലമായും എണ്ണി അവരിൽ കുടുംബം കുടുംബമായി എണ്ണപ്പെട്ടവർ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേർ മോശ മുഖാന്തരം യഹോവകൽപ്പിച്ചതുപോലെ മോശയും അഹരോനും ഗഹാത്യ കുടുംബങ്ങളിൽ എണ്ണിയവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ എല്ലാം ഇവർ തന്നെ ഗർഷുന്യരിൽ കുടുംബം കുടുംബമായും കുലംകുലമായും എണ്ണപ്പെട്ടവരോ മുപ്പത് വയസ്സുമുതൽ അമ്പത് വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി കുടുംബം കുടുംബമായും കുലംകുലമായും എണ്ണപ്പെട്ടവർ രണ്ടായിരത്തി പേർ യഹോവ കൽപ്പിച്ചതുപോലെ മോശയും മഹരൂനും ഘർഷൂന്യ കുടുംബങ്ങളിൽ എണ്ണിയവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവരോ എല്ലാം ഇവർ തന്നെ ുംബങ്ങളിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവരോ മുപ്പത് വയസ്സുമുതൽ അമ്പത് വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി അവരിൽ കുടുംബം കുടുംബമായി എണ്ണപ്പെട്ടവർ ആകെ മൂവായിരത്തി പേർ യഹോവ മോശമുഖാന്തരം കൽപ്പിച്ചതുപോലെ മോശയും അഹരൂനും മരാജയ കുടുംബങ്ങളിൽ എണ്ണിയവർ മോശയും മെഹരൂനും ഇസ്രയേൽ പ്രഭുക്കന്മാരുംരിൽ കുടുംബം കുടുംബമായും കുലംകുലമായും എണ്ണിയവരായി മുപ്പതുവയു മുതൽ അമ്പത് വയസ്സുവരെ സമാഗമന കൂടാരത്തിലെ സേവയും ചുമട്ടുവേലയും ചെയ്യുവാൻ പ്രവേശിച്ചവർ ആകെ എണ്ണായിരത്തി പേർ ആയിരുന്നു യഹോവയുടെ കൽപ്പനപ്രകാരം അവർ മോശമുഖാന്തരം ഓരോരുത്തൻ താന്താന്റെ വേലയ്ക്കും താന്താന്റെ ചുമട്ടിനും തക്കവണ്ണം എണ്ണപ്പെട്ടു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ അവരെ എണ്